അങ്ങനെ അവർക്കിടയിൽ നിന്ന് ഒരു ദൂതനെ നാം അവർക്ക് അയച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അള്ളാഹു സുബഹാനഹുത്രാലയെ ആരാധിക്കുവിൻ അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല നിങ്ങൾ ഭയപ്പെടുകയില്ലേ